ഓരോ സമുദായത്തിലേക്കും ഒരു ദൂതനെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അള്ളാഹുസുബഹാനുഹുവ ചായാലയെ ആരാധിക്കുവിൻ പിശാചിനെയും മറ്റു ദൈവങ്ങളെയും വെടിയുവിൻ എന്ന് അവർ പറഞ്ഞു അവരിൽ ചിലരെ അള്ളാഹുസുബഹാനുഹുവ ചയാല സന്മാർഗത്തിലാക്കി ചിലർക്കു വഴിപിഴച്ചിൽ അനിവാര്യമായിത്തീർന്നു അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക തള്ളിക്കളഞ്ഞവരുടെ ഒടുക്കം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക